ഞങ്ങളുടെ രക്ഷിദാവേ, അവരിൽ നിന്ന് അവർക്ക് ഒരു ദൂതനെ നീ നിയോഗിക്കണമേ അദ്ദേഹം അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓദിക്കേൾപ്പിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യട്ടെ തീർച്ചയായും നീ പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു